നിങ്ങൾ അവരെ കൊന്നതല്ല മറിച്ച് അള്ളാഹുസുബഹാനുഹൂവറ്റായാല ആണ് അവരെ കൊന്നത് നിങ്ങളെറിഞ്ഞപ്പോൾ നിങ്ങൾ എറിഞ്ഞതുമല്ല മറിച്ച് അള്ളാഹുസുബഹാനുഹൂവറ്റയാല ആണ് എറിഞ്ഞത് വിശ്വാസികളെ അതിലൂടെ ഉത്തമമായൊരു പരീക്ഷണത്തിന് വിധേയമാക്കുവാനാണത് തീർച്ചയായും അല്ലാഹു സുബഹാനുഹൂവറ്റായാല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു